ദൈവ പ്ലൈങ്ങളോട് കൂടെ ഇക്കാഖ്യത്തേവനുക്ക് നൻസെലേ ദൈവ മക്കളോടൊപ്പം ആയിപ്പാനായിട്ട് ദൈവം നൽകിയ ഈ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിനെ നന്ദീകരറ്റും കലാത്തി എഴുതുന്ന നൃപം ഒന്നാം അധികാരം നാകാം വസനം ഗലാത്തി ലേഖനം ഒന്നാം അധ്യായം നാലാം വാക്യം യേസു കിസ്ത എനക്കാ ഏറിത്തുണ്ടോ ഒരു കാരണത്തെ നാം ഇങ്ങിക്കോ യേശു ക്രിസ്തു എന്തിനാണ് നമുക്ക് വേണ്ടി മരിച്ചത് എന്നതിൻ്റെ ഒരു കാരണം നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയും നാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ നിന്നും ഞങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ മലയാളം അത് മൂന്നാം വാക്യമാണ് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചാണ് പറയുന്നത് നമ്മുടെ പാപങ്ങൾക്കാ തമ്മെ ഒപ്പ് കൊടുത്താൽ നമ്മുടെ പാപങ്ങൾക്കായി അവിടെ നിന്ന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു അപ്പം ഇപ്പോഴത്തെ പ്രപഞ്ചത്തിനും നാം വിമയം ഒപ്പ് കൊടുത്തു ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കേണ്ടതിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുന്നു നമ്മുടെ പാവത്തി നാം നനറിവോം പാവങ്ങൾ നിമിത്തം തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം ആണല്ലേ അതിൽ ഇന്നൊരു മുതൽ പാതിാത പ്രപഞ്ചത്തിനു നാം വിടുവിക്കുംപടി തമ്മിൽ താമേ ഒപ്പക്കൊടുത്താൽ എന്നാൽ ആ വാക്യത്തിൽ തന്നെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് ഇപ്പോഴത്തെ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് തന്നെ താൻ ഏൽപ്പിച്ചുകൊടുത്തു എന്ന പ്രയോഗം നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും ആ പ്രിയമാണോ മെയ്യാഹവേശുവിനുടേ ശിഷ്യൻ എൻപവൻ എൻ്റെ ഉളകത്തിലിരുന്ന് മുറ്റിലുമായി വിടുവിക്കപ്പെട്ടിരിക്കൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നവൻ അവൻ ഈ ലോകത്തിൽ നിന്ന് മുറ്റിലുമായി വിടുവിക്കപ്പെട്ടവനാണ് പ്രിയമുള്ളവരേ പാൽ അവർ നാൻ ഇന്ന് ഉലകത്തെ നിലവിൽ അറിഞ്ഞിരിക്കേർ പൗലൂസ് പറയുന്നു ഞാൻ ലോകത്തിന് ഞാൻ ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു നാനും സിലുവയിൽ അറിയപ്പെട്ടിരിക്കേ നാനും ഉലകത്തെ സിലുവയിൽ അറിയുക ഞാൻ ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ലോകത്തെ ലോകത്തിന് ഞാൻ ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലൂസ് പറയും സിലുവൈ ഒൻ എന്നൂഷി മാത്രമാണ് എൻ്റെ പുഴ്ച എന്ന് പൗലൂസ് പറയുന്നു ഉലകം എനിക്ക് സിലവിലും പാരസു ലോകം എനിക്ക് എനിക്ക് ചെപ്പാണ് ലോകത്തെ ഞാൻ ലോകത്തിന് ഞാൻ ക്രൂശിതനാണ് എന്നാണ് പോലീസ് പറയുന്നത് ഒരവർക്കും എന്ത് ആറ്റിറ്റ്യൂഡ് എടുക്കണം നമുക്ക് എല്ലാവർക്കും ഈ ഒരു മനോഭാവം ഉണ്ടായിരിക്കണം ഉലകത്തെ പാത്ത് നാംണം ലോകത്തെ നോക്കി നാം പറയണം ഉലകമേ ലോകമേ എൻ ആണ്ടവർ എന്ന എൻ്റെ െസിൽ നമുക്കുണ്ടാകണം ഞാൻ നിനക്കെതിരായി ഞാൻ അതിന് അതിനെതിരായി നിന്നെയും ഞാൻ ക്രൂശിക്കും അറിവായി ഞാൻ എടുക്കുന്ന മലയാളം എന്താ ഞാൻ എടുക്കുന്ന പ്രതികാരം എന്ന് പറയുന്നത് ഞാൻ നിന്നെയും ക്രൂശിൽ തറയ്ക്കും ഇപ്പൊ വൈനാക്കി നമുക്ക് വേണം ഇങ്ങനെയുള്ള ഒരു എരിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം പ്രപഞ്ചത്തിൽ നിന്ന് നാം വിടുവിക്കപ്പെടണമെങ്കിൽ എന്തിനാണ് നാം ഈ ദുഷ്ടലോകത്തിൽ നിന്ന് വിടുവയ്ക്കപ്പെടേണ്ടത് என அந்த ரூலர் ஆஃப் திஸ் வேர்ல்ட் இஸ் ஈவில் காரணம் இந்த லோகத்தின்டே दुष्ट லோகத்தின்டே அதிபன் அவன் பொல்லாங்கனானு இந்த உலகத்துன இந்த உலகம் முழுவது பொல்லாங்கனுக்குள்ள கிடக்குது ஈ உலகம் ஈ லோகம் മുഴുവன் ஈ दुஷ்டன்டே অধীনதிலானு ஆஹேனால இந்த உலகத்துல இருந்து நான் விடுவிக்கப்படணும் அதുകൊണ്ടന്നെ ஈ லோகத்துல இருந்து நாம் விடுவிக்கப்படணும் ஆஹேனால இந்த உலகத்தை நாம் சிலுவில அடைவேண்டே தெர்க்கிறது அதുകൊണ്ടீ ஈ லோகத்தை நாம் க்ரூஷல் தறக்கணும் ஜீசஸ் യോൻ പതിനാലാം അധികാരത്തിലെ മുപ്പതാം വസനത്തിൽ അവിടെ ജീസസ് യോഹന പതിനാലാം അധ്യായത്തിന്റെ മുപ്പതാം വാക്യത്തിൽ ലോകത്തിന്റെ പ്രഭു വരുന്നു അവടത്തിൽ ഒന്നും ഇല്ലേ അവിടെ അവന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന് പറയുകയുണ്ടായി ജീസസ് പോലെ അവരുടെ നാമേ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ശിഷ്യന്മാരായ നാമം പറയേണ്ട പറയേണ്ടതാണ് അതാവത് ഉളകം എന്നാൽ അവിടെ വെറു മണേ ഉളകൾഡില് അവിടെ ലോകം എന്ന് പറയുന്നത് അത് ഒരു രണ്ട് വാക്കിൽ തീരുന്നതല്ല ലോകം ഉളകമെന്റാൽ ലോകം എന്ന് പറഞ്ഞാൽ അത് അതിനകത്ത് പല കാര്യങ്ങൾ അന്തർലീനമാണ് ലോകത്തിലെ സുഖങ്ങൾക്ക് ഈ ലോകത്തിൽ നമ്മെ ലോകത്തോട് പറ്റിച്ചേരുന്ന പല ആഗ്രഹങ്ങൾ വേൾഡ്ലി എൻ്റർടൈൻമെന്റ് ലൗകികമായ ആനന്ദങ്ങൾ ഉല്ലാസങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്താ ഉലത്തിലെ ഫാഷൻസ് ഓഫ് ദ വേൾഡ് ഈ ലോകത്തിലെ ഫാഷൻ ഈ ലോകത്തിൻ്റെ ഇതായിട്ടുള്ള ഫാഷനും ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഗമാണ് ഉളകത്തിനുടേ വാല്യൂ സിസ്റ്റം ഈ ലോകത്തിൻ്റെ മൂല്യബോധം അതും ലോകത്തിൻ്റെ ഭാഗമാണ് നിറയെ മതിപ്പീടുകൾ ഉളകത്തിനുടേയും മതിപ്പീടുകൾ നമ്മുടെ മൈൻഡ് സിസ്റ്റത്തിലെ കടന്ന നാടുകളിലെ ഏറിയിരുന്നത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഈ ലോകത്തിൻ്റെ പോഷത്വപരമായ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഉളകത്തോട് കൂടെ സേർന്നിരിക്കുന്നതാണ് കമ്പാനിയൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ലോകത്തോട് ചേർന്ന് ഉള്ള ആ ബന്ധം ആ ഒരു സൗഹൃദ ബന്ധം പോരാട്ര കാര്യങ്ങൾക്ക് ഈ ലോകത്തിന് വേണ്ടി ഉള്ള പോരാട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഉലകത്തിനുടേ മതിപ്പുക്കോ ഹാനർക്കാവും പൊസിഷനാ മണിക്കാൻ വെൽത്തക്കാൻ പോരാടുക പോരാട്ടങ്ങൾ ഇരിക്കുമാണാൽ ലോകത്തിൻ്റെ മതിപ്പിനായി ലോകത്തിൻ്റെ മാന്യതക്കായി ലോകത്തിലെ ധനത്തിനായി ഒക്കെയുള്ള പോരാട്ടത്തിലാണ് നാം ആയിരിക്കുന്നതെങ്കിൽ അവൻ യേശുവിൻ ശിഷ്യൻ അല്ല അപ്രകാരമുള്ള ഒരുവൻ യേശുവിൻ്റെ ശിഷ്യനല്ല എന്തെല്ലാം നാം വേണ്ടിയെടുക്കുന്നത് എന്താ എന്തൊക്കെയാണ് നാം പറയേണ്ടത് എന്നീവിതത്തിൽ ഉല്ലാസങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അതിന് അതാഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഉണ്ടെങ്കിൽ ഇരിക്കുമാണാൽ ലോക ലൗകികമായ ഉല്ലാസങ്ങളും ആനന്ദങ്ങൾക്കും പുറകെയാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ സാധാരണ പാർട്ടി എനിക്ക് പശാജിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറയുവാൻ കഴിയുകയില്ല സറ്റൻ യു ഹാവ് ഇൻ മീൻ പിശാജി നിനക്ക് എന്നിൽ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല ഇന്ന് ഉലകത്തിലൂടെ ഫാഷൻസ് എന്നിടത്തിൽ ഇരിക്കുമാണാൽ ഈ ലോകത്തിൻ്റെ ഫാഷൻസ് ലോകത്തിൻ്റെ ഫാഷൻസ് എന്നിൽ ഉണ്ടെങ്കിൽ ഉലകത്തിലൂടെ വേർഡ്ലി അഡോൺമെൻറ്സ് ആൻഡ് കോസ്മെറ്റിക്സ് അത് അഡോൺമെന്റ്സ് എല്ലാം എന്നാൽ ഈ ലോകത്തിൻ്റെ മൂല്യബോധത്തിനനുസരിച്ചുള്ള അലങ്കാരങ്ങളും ആ തരത്തിലുള്ള മേക്കപ്പിൻ്റെയും ഒക്കെ പുറകെയാണ് ഞാൻ എങ്കിൽ ഞാൻ സാത്താനബത്ത് സ്വല്ലാതെ സാത്താനെ അധികാരം ഇല്ലെന്ന് പിശാജിനെ നോക്കിക്കൊണ്ട് സാത്താനെ നിനക്ക് എന്റെ മേൽ അധികാരമില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല ഉളകത്തുക്കാൻ പോരാടുക ഇരുപ്പേനാണ് സാത്താനും യു ഹാവ് നത്തിങ് ഇൻ മീ അത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പോരാടുന്ന ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാജെ നിനക്ക് എന്നിൽ ഒരു കാര്യവുമില്ല എന്നെനിക്ക് പറയുവാൻ കഴിയുക യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തിൽ ഇത് ആ ലോകത്തിന്റെ പ്രഭു വരുന്നു അവന്മേൽ ഒരു അധികാരമില്ലേ അവന് എന്നോട് ഒരു കാര്യവുമില്ല പ്രിയമാണ് യേശുപോലെ നമ്മൾ പരസാറ്റ പ്രിയമുള്ളവരെ യേശു പറഞ്ഞതുപോലെ നാമും ആ സാക്ഷ്യം പറയേണ്ടവരാണ് േഹം ദൈവത്തിന് ശത്രുമാണ് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു ഇളയ തലമുറക്ക് മികവും ഭാരപ്പെട്ട് നാല് വരുമ്പോഴേ ഇവിടെയുള്ള ചെറുപ്പക്കാരായ വ്യക്തികൾക്ക് ഭാരത്തോടെ അവരോട് സംസാരിക്കട്ടെ ഉലേഹം അധികാരം ഇല്ലെന്ന് ലോകത്തിന്റെ സ്നേഹം എന്നിൽ ഉണ്ടെങ്കിൽ എനിക്ക് പിശാജിന്റെ മേൽ എനിക്ക് അധികാരം ഉണ്ട് എന്ന് പറയുവാൻ കഴിയുകയില്ല നാം ഇന്ന് വിത്ത് അപേ ന ഈ ആദ്യത്തെ സെഷനിൽ ലോകത്തോടുള്ള സൗഹൃദം ലോകത്തോടുള്ള കൂട്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഹോസിയാവിൻ പുസ്തകം ഹോസിയാവിൻ്റെ പുസ്തകം ഏഴാം അധികാരം ഹോസിയാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ സമയത്ത് ആർക്കെങ്കിലും ഉറക്കോ ക്ഷീണമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ടത് ഈ വചനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും ക്ഷീണം വരുന്നെങ്കിൽ ഒന്നവരെ എഴുന്നേൽപ്പിക്കുന്നതും അന്യോന്യം സഹായം സ്വീകരിക്കുന്നതും നല്ലതാണ് ഉറക്കം വരികയാണെങ്കിൽ ഒന്ന് മുഖം കഴുകി വന്നിരുന്നാൽ പിശാജ് ഏതെങ്കിലും തരത്തിൽ ഈ വചനങ്ങൾ തമ്മിൽ നിന്ന് എടുത്തു കളയുവാനായിട്ടാണ് ശ്രമിക്കുന്നത് ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ ഓക്കെ ഓസിയാവിൻ്റെ ഓസിയാവിൻ്റെ ഏഴാം അധ്യായം ഒൻപതാം വസനത്തി ഒമ്പതാം വാക്യവും നമുക്ക് വായിക്കാം ൾ അവൻ അറിയുന്നില്ല ഇടകലർന്നിരിക്കുന്നു എബ്രാഹിം ജനം അന്യ ജനങ്ങളോട് ഒരുപോലും കളക്കൂടാ അവർ അന്യജാതികളോട് ദൈവത്തിൻ്റെ ജനം അന്യജാതികളോട് ചേർന്ന് ഇടകലർന്നിരിക്കുവാനായിട്ട് അത് ഒരിക്കലും പാടില്ലാത്തതാണ് ഉളകത്താറോട് കൂടെ ദൈവജനം കലക്ക ഈ ലോകത്തിലെ ആളുകളുമായി ദൈവജനം ഒന്നിച്ച് കലർന്ന് ചേർന്ന് പോകുവാൻ പാടില്ല ഒരു എന്തൊരു വാല്യൂ പിള്ളികളും തങ്ങളുടെ വേലസ്ഥലത്തിലോ തങ്ങളുടെ വർക്കിംഗ് വർക്കിംഗ് പ്ലേസിലെയോ ഹോസ്റ്റലിലെയോ കല്ലൂരിലെയോ എവ്വളും കലർന്നിരിക്കും വേദന ഒരു ഏതൊരു ചെറുപ്പക്കാരനാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും തങ്ങളുടെ ജോലി സ്ഥലത്തോ തങ്ങളുടെ പഠന സ്ഥലത്തോ എത്ര ഏത് രീതിയിലാണ് ഈ ലോകത്തിലെ സുഹൃത്തുക്കളോട് അവരോട് അവരോട് ആ ബന്ധം എങ്ങനെയാണ് എന്ന് കൊണ്ട് കുരുടെ നമുക്ക് ഒന്ന് കുരുന്ന് അഞ്ചാം അധ്യായത്തിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ആ വാക്യത്തിൽ നാം എങ്ങനെയാണല്ലോ വായിക്കുന്നത് ഒന്ന് കുരി അഞ്ചാം അധ്യായം എവ്ലവേനും കളഞ്ഞിരിക്കൂടാ എത്ര നിങ്ങൾ അവരുമായിട്ട് ചേർന്നിരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് അവിടെ പത്താം വാക്യം ഇങ്ങനെയാണ് പറയുന്നത് അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടും പിടിച്ച് അരുത് എന്നല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടു പോകേണ്ടി വരും അള പോകാൻ തീർക്കും അപ്പൊ ഈ രീതിയിൽ നമുക്ക് ലോകത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് കഴിയുകയില്ല ലോകത്തിലുള്ള ആളുകളോട് ചേർന്ന് തന്നെയാണ് നാം ആയിരിക്കേണ്ടത് ബിസിനസ് പണ വേണ്ടി തീർക്കുന്നത് ബിസിനസ് ചെയ്യേണ്ടതുണ്ട് ായിട്ട് മറ്റു സ്ഥലത്ത് പോകേണ്ടതുണ്ട് വേല ചെയ്യ ജോലി ചെയ്യേണ്ടതുണ്ട് പള്ളിക്കൂടത്ത് പോകേണ്ടി ഞാൻ മറ്റ് കോളേജിൽ പോകേണ്ടതുണ്ട് ഹോസ്റ്റലിൽ തങ്ങവേണ്ട ഹോസ്റ്റലിൽ താമസിക്കേണ്ടതുണ്ട് അവരിലോട് തന്നെ അവിടെ ലോകത്തിലുള്ള വ്യക്തികളുമായി ചേർന്ന് അവിടെ ആയിരിക്കുന്നത് അവർ മധ്യാ അവർ കരപ്പെടാ അവരുടെ മധ്യത്തിൽ തന്നെ ആയിരിക്കുമ്പോൾ അവരു അവരോട് ചേർന്ന് അവരുടെ മലിനത നമ്മെ പറ്റാൻ പാടില്ല െറ്റിൽ ഗൂഗിളിൽ പോയിട്ട് എന്തുകൊണ്ടാണ് ലോട്ടസ് ഒരു നാഷണൽ ഫ്ലവർ ആയിരിക്കുന്നത് എന്ന് നിങ്ങൾ അത് സെർച്ച് ചെയ്താൽ അതിന് എങ്ങനെയൊരു കാരണം അതിനെ കുറിച്ച് പറയും എന്തുകൊണ്ടാണ് ഈ താമര ഒരു നാഷണൽ പൂവായിരിക്കുന്നത് അത് നമ്മൾ ഇന്ത്യക്ക് മട്ടില്ല പല പല ഒരു ചില നാടുകൾക്കും കൂടെ നാഷണൽ ഫ്ലവറായിരിക്കുന്നത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റു ചില രാജ്യങ്ങൾക്കും ഈ താമര അവരുടെ നാഷണൽ ഫ്ലവറാണ് സെൽഫ് ക്ലൈൻസിങ് പ്ലാന്റ് അവിടെ പോടണം അതിന് ഈ താമരയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അത് സ്വയമായിട്ട് തന്നെ തന്നെ ശുദ്ധീകരിക്കുന്ന ഒരു ചെടിയാണ് എന്ന് പറയും അത് സേത്തിലിരുന്നാലും ശരി സേത്തിലിറന്നാലും ശരി എങ്ങിരുന്നാലും ശരി അത് മേലെ എതുവുമില്ല കരപ്പെടമില്ല അത് ഒരു അഴുക്കുള്ള വെള്ളത്തിലാണെങ്കിലും അത് അഴുക്ക് പിടിച്ച സ്ഥലത്താണെങ്കിലും അത് അതിൻ്റെ മേൽ ഈ അഴുക്ക് പറ്റാതെ അതിനെ തന്നെ സൂക്ഷിക്കും കാരണം അത് മേലെറക്കതാണ് ചില പിൻസ് മാർക്കും ഈ താമരയുടെ മുകളിൽ ചില പിന്നു പോലെയുള്ള ചില കാര്യങ്ങൾ കണ്ണുക്ക് തിരിയാതെ ചില സൊന പോലെ ഇക്കതാണ് പിൻസ് പോലെ ഇക്കത് അത് മേലെ എതു വന്നാലും സെന്ത പാർട്ടിക്കൽസ് തള്ളി വിട്ടു അവിടെ നമുക്ക് കണ്ണുകൊണ്ട് കാണുവാനായിട്ട് കഴിയുകയില്ല ഈ താവരയുടെ മുകളിൽ എന്ത് വന്ന് പറ്റി പിടിച്ചാലും അതിൻ്റെ ഈ പിന്നുപോലെയുള്ള മുനെ പോലെയുള്ള കാര്യങ്ങൾ അതിനെ തള്ളി തള്ളി പുറത്ത് തട്ടിക്കളയും ഇപ്പിടിയിൽ ഇങ്ങനെയാണ് നാം ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടത് പോണു നാം പോലീ പോയിൽ അവിടെ ആയിരിക്കുകയും ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും തിരികെ ഒക്കെ ചെയ്യണം നമുക്ക് ഉന്മയിലേ നമ്മ ഉലെ നമുക്ക് എപ്പിടി അപ്പ ഒരു മൂച്ചു തണൽക്കണോ ോകത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ശ്വാസം മുട്ടുപോലെ ആയിരിക്കണം എപ്പഴാ വീട്ടില് വരുവോ എപ്പോഴാണ് നമുക്ക് വീട്ടിലോട്ട് നമുക്ക് വരുമ്പോഴാണ് നമുക്കൊന്ന് സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയും എപ്പേ വരുവോ എങ്ങനെ എനിക്ക് എപ്പോഴാണ് സഭയിൽ വരാൻ പറ്റുന്നത് ഞായറാഴ്ച അതായിരിക്കണം നമുക്ക് നല്ല സ്വന്തമായി ശ്വസിക്കുവാൻ പറ്റുന്ന ഇടം അത് നല്ല സ്പ്രിറ്റ് അത് അതാണ് നല്ല ആത്മാവ് ഉലകത്തോട് എവളവേ കളക്കല സ്പ്രിറ്റ് അതിൽ അവനു മൂച്ചു തണർ ിട്ടില്ല എന്നതിന്റെ തെളിവ് നാം ഈ പുറം ലോകത്തിലായിരിക്കുമ്പോൾ അപ്പോഴൊക്കെ നമുക്കൊരു ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നു നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ സഭയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി ശ്വസിക്കുവാൻ കഴിയുന്നത് എങ്കിൽ ലോകത്തിൽ കളർന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ജോലി സ്ഥലത്ത് പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു മണിക്കോ അഞ്ചുമണിക്കോ അല്ലെങ്കിൽ ആഹ് വീട്ടിലെത്തിയല്ലോ ആശ്വാസം അപകടം അങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് നമ്മോട് കൂടെ എല്ലാരും അവിശ്വാസികൾ കാരണം എന്താണ് നമ്മുടെ കൂടെയുള്ള പുറം ലോകത്തുള്ളവരെല്ലാം തന്നെ അവിശ്വാസികളാണ് എല്ലാം ഉളക ഉലകത്ത് കിടത്ത കാര്യങ്ങളെ പേസുകവർ അവരെല്ലാം ഈ ലോകത്തിന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് വ്യത്യാസമാണെങ്കിൽ മോശമാണെങ്കിൽ അവരെല്ലാം വളരെ മോശക്കാരായ ആളുകളാണ് അസുഖ ഉതടുകളുള്ള ജനങ്ങൾ മത്തിൽ നാം വാസം അവിടെ അശുദ്ധ ഉദരങ്ങൾ ഉള്ള ആളുകളുടെ മധ്യത്തിലാണ് നാം താമസിക്കുന്നത് അതോട് കൂടെ നമുക്കുള്ള വരുംപോലെ ഹബാ അപ ഒരു ഫിഷ വന്ന് ഒരു തന്നെ എടുത്ത് വെളിയിലെ പോട്ട എപ്പി തുമോ ഒരു മീനിനെ അത് വെള്ളത്തിൽ നിന്ന് പുറത്തിട്ടാൽ ആ പുറത്ത് കിടന്ന് അത് എത്രമാത്രം വെള്ളത്തിലേക്ക് തിരികെ പോകുവാനായിട്ട് പിടയ്ക്കുമോ അതുപോലെ നമുക്ക് ലോകത്തിൽ നിന്ന് നമ്മുടെ ഭവനത്തിലേക്ക് സഭയിലേക്ക് തിരികെ വരുവാനായിട്ടുള്ള ഒരു പിടപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയാണ് നല്ല ഒരു ഒരു സ്പിരിച്വൽ മാനു അടയാളം അവിടുന്ന് പോലെ ഒരു ആത്മീക മനുഷ്യൻ്റെ അടയാളം അതാണ് അവൻ ലോകത്തിലായിരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് പുറത്ത് പുറത്തായിരിക്കുന്ന ഒരു മീനിനെ പോലെ ആയിരിക്കുകയാണ് മറുടിയും ഇടുമ്പോൾ സ്വാതന്ത്ര്യത്തോടെ പോകും ഈ ഒരു ആത്മാവോടുകൂടെയാണ് നാം ലോകത്തിലേക്ക് പോകേണ്ടത് നാം അന്യ ജനങ്ങളോടുകൂടെ നാം കളക്കുമ്പോഴത് നാം അന്യജാതികളോട് നാം കലർന്നിരിക്കുമ്പോൾ നാം ഒരു ഡിസ്റ്റൻസ് നാം അവരോട് അവരോടൊപ്പം ആയിരിക്കുമ്പോൾ നാം ഒരു ദൂരം ും നമുക്കും ഒരു വേർപാടിൻ്റെ ചുമരുണ്ടാവണം പുസ്തകത്തിലെ ബ്രോഡ് വാൾമിയാവിന്റെ പുസ്തകത്തിൽ അവിടെ ഒരു വളരെ വിശാലമായ ഒരു മതിലിനെ കുറിച്ച് അവിടെ നാം വായിക്കുന്നു ും ചുറ്റിലുമുള്ള മതിലിനെ കുറിച്ച് നാം വായിക്കുന്നത് അത് വളരെ ഉയരമുള്ള മതിൽ മാത്രമായിരുന്നില്ല അത് വളരെ വീതി ഉള്ള ഒരു മതിലും കൂടെ ആയിരുന്നു അവിടെ ആ മതിലിന് പല സ്ഥലങ്ങളിൽ അതിന് കിഴക്ക് തെക്ക് പല സ്ഥലങ്ങളിൽ അതിന് മതിലുകളുണ്ട് വര മുത ആ വ വാതിൽ വഴിയായി മറ്റേ അന്യ ആർക്കും വരാനായിട്ട് കഴിയുകയില്ല ആ പ്രിയമാണോ നമുക്ക് നമ്മുടെ മത്തിൽ ഒരു ബ്രോഡ് വാൾഡ് നമുക്ക് സെപ്പറേഷൻ നമുക്കിട്ട നമുക്ക് ചുറ്റിനും ഇപ്രകാരം ഒരു വേർപാടിൻ്റെ മതിൽ ഉണ്ടോ വാൽ ഓഫ് സെപ്പറേഷൻ ഇരുന്നാതാ നമുക്ക് വാൽ ഓഫ് അന്ത വാൾ പ്രൊട്ടക്ഷനാ നമുക്ക് നമുക്ക് ഒരു ൊക്കെ ആഗ്രഹമാണ് എന്നാൽ സുരക്ഷയുടെ മതിൽ നമുക്ക് ഉണ്ടാകണം എങ്കിൽ നമുക്ക് ആദ്യം ഒരു നമ്മുടെ ജീവിതത്തിൽ ചുമര് ഇല്ല എങ്കിൽ നമുക്ക് ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ മതിലും നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുകയില്ല ഈ വാക്യത്തിൽ മുന്നറിയിപ്പ് ഇതാണ് നീ അന്യ ജാതികളോട് നീ ഇത് മറിച്ചിടാത്ത ദോശയാണ് നിന്നെ നീ വെന്തിട്ടില്ല ഒരു ഭാഗം മാത്രം വെന്തിട്ടുള്ള ഒരു ദോശ പോലെയാണ് ഒരു വശത്ത് ലോകം ഒരു സൈഡ് സൺഡേ ക്രിസ്ത്യൻ ഒരു വശത്ത് ഞായറാഴ്ച ക്രിസ്ത്യാനി തിങ്കൾസോ തിങ്കൾ ടു ശനികലം വരെ വേർലി ക്രിസ്ത്യൻ തിങ്കൾ മുതൽ ശനി വരെ ലോകത്തിന്റെ ക്രിസ്ത്യാനി അവരെല്ലാം ആണ്ടർ சொல்ற வார்த்தை ಏನේ என்றால் നീ திருப்பி போடாத അപ്പം അങ്ങനെ ഉള്ള ആളുകളെ കുറിച്ചൊക്കെ ദൈവം കർത്താവ് പറയുന്ന വാക്ക് നിങ്ങളൊക്കെ തിരിച്ചു ഇടാത്ത മറിച്ചടാത്ത ദോഷയാണ് നീ നീ ഒരു ഹിപ്പോക്രിറ്റ് அப்படிங்கறாரு നീ ഒരു കാബട്ടിക്കാരനാണ് നീ ഒരു ലൂക്കോം ക്രിസ്ത്യൻ சொல்றாரு നീ ഒരു ചൂടും തണപുമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയാണ് ഒരു സൈഡ് മാത്രം എന്നെക്കாக നീ வந்திருக்கേ എനിക്കായിട്ട് വെന്ത് ഞായറാഴ്ച അന്യ ജനങ്ങൾ ഉലകം എന്നാ ഒമ്പതാവസനത്തില അവിടെ നാം ഒമ്പതാം വാക്യത്തിൽ വാങ്ങിക്കുന്നത് അന്യജാതികൾ അവൻ്റെ ബലം തിന്നുകളഞ്ഞു അവനോ അതെ അറിയൂല്ലേ എന്നാൽ എങ്കിലും അവൻ അറിയുന്നില്ല ഉളകത്തോട് നാം ചേർന്നിരിക്കുമ്പോഴത് നമ്മുടെ ബലത്തെ ഉളകം അന്യ മിക്സ് പീപ്പിൾ തിങ്കരാറിയില്ല അന്യജാതികളോട് ചേർന്നിരിക്കുമ്പോൾ ലോകത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ബലത്തെ ഈ ലോകം തിന്നുകളയുന്നു എന്നുള്ളത് അവർ അറിയുന്നില്ല ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ജനംസോൺ ദൈവത്തിന്റെ ജനത്തിന്റെ ഭാഗമായി അഭിഷേകം ചെയ്യപ്പെട്ടവനായിരുന്നു അവൻ അന്യജാതിയോടുകൂടെ ഗാസാവിലും ദിംനാത്തിലും പോയി ഫിലിസ്തീനിലൂടെ കൂടെ അവൻ കളു ഗിലും ഒക്കെ ചെന്ന് അവിടെ അന്യജാതികളുമായിട്ട് ഇടർന്ന ഫിലിസ്തീൻസിലോട് കൂടെ അവൻ കളന്നിരുന്നാണ് ഫിലിസ്തീനോട് അവൻ ചേർന്നാണ് പോയത് ദലീലി അവനുടേ ബലത്ത് തിന്ന തിന്നാരീല വളരെ ശക്തിയെ ചോർത്തിക്കളെ അവനോ അതി അറിയൂലേ എന്നാൽ അവൻ അത് അറിയില്ലായിരുന്നു അവൻ അഭിഷേകം അവൻ ചിന്തിക്കുന്നത് എനിക്ക് അഭിഷേകമുണ്ട് എന്നാണ് ചിന്തിക്കുന്നത് അവനുടിച്ച എന്നാൽ ക്രമേണ ക്രമേണ അവന്റെ ശക്തിയെ ഇതാ ദലീല തിന്നുകളും അവനെ നിങ്ങളുടെ സൗഹൃദ ബന്ധം എവിടെയാണ് സ്നേഹം നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ആരോടാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹമുള്ളത് ഉടൻ ബലത്തെ തിണ്ട മുടിയും നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ബലത്തെ ഈ ലോകത്തിന് തിന്നുകളും അന്യജാതിയാണ് സ്ത്രീകൾ അവനുടേ ബലത്തെ കൊഞ്ചമാ അന്യജാതിക്കാരായ സ്ത്രീകൾ ക്രമേണ അവൻറെ ബലത്തെ തിന്നുകളഞ്ഞു എന്ന് നാം വായിക്കുന്നു അവൻ മോശം പോന അവൻ നശിച്ചുപോയി ദീനെ കുറിച്ച് നാം വായിക്കും അന്യ ജനങ്ങളോടെ സിക്കേമില് അവിടെയുള്ള ആളുകളുമായി അവൾ ലോകത്തിന്റെ സൗഹൃദ ബന്ധം എല്ലാവരോടും കൂടെ അവൾ ലോകത്തിലെ ഈ സ്ത്രീകളോടൊക്കെ അവൻ ചേർന്നാണ് പോയിക്കൊണ്ടിരുന്നത് അവളുടെ ബലത്തെ അവൾന്താൽ അവളുടെ കർപ്പ അവൾ അവൻ്റെ ശക്തി അവനെ നഷ്ടപ്പെട്ടു ഇവകളെല്ലാം വേദത്തിൽ നമുക്ക് ദൃഷ്ടാന്തമായിരിക്കരുത് ഇതെല്ലാം ദൈവവചനത്തിൽ നമുക്ക് മാതൃകയായിട്ടാണ് എഴുതിയിരിക്കുന്നത് നാം പ്രിയമാണോ നാം ഭയങ്കര പ്രിയമുള്ളവരെ നമുക്ക് ഭയം ആവശ്യമാണ് വിശ്വാസത്തെ ഭക്തിയെ മൈ ഡിവോഷൻ ഫോർ ദ വേൾഡ് എന്ത് ഡിസ്ട്രാക്ഷൻ ഇരുന്ന് എന്നലത്തെ തിണ്ട കൂടാതെ ആണ്ടവര് കർത്താവെ എനിക്ക് അങ്ങയോടുള്ള ഭക്തി ദൈവവചനത്തോടുള്ള എൻ്റെ താല്പര്യം അങ്ങോടുള്ള എന്റെ സ്നേഹത്തെ എല്ലാം ഈ ലോകം കർത്താവെ തിന്നുകളയുവാൻ എടുത്തുകളയുവാൻ ഇടയാകരുത് ഉദാണത്തിന് ആഹ് നെഗമിയ പുസ്തകങ്ങളിലൊക്കെ എഴുപത് വർഷം അടിമത്തനമാ അടിമകളായി താമസിച്ചു എന്ന് നാം വായിക്കുന്നു ഒരു സന്തതിയർ എഴുപത് വർഷം എന്ന് പറയുന്നത് ഒരു തലമുറയുടെ കാലഘട്ടമാണ് എന്റെ ആശ്ചര്യം എന്ത് അത്ഭുതമാണെന്ന് പറയട്ടെ ഇപ്പിടിപെട്ട ദീർഘ ദർശികളോടുകൂടെ ഇപ്രകാരമുള്ള പ്രവാചകന്മാർ മൂലമായി ആണ്ടോ ലിസ്റ്റ് ഔട്ട് பண்ணிட்டாரு ഇзраാൻ പുസ്തകದ ಎರಡാം অধಿಕಾರತிலே ಎವಳೋ பேர் ಎವಳೋ பேர் ಎವಳೋ பேர் 42360 பேர் ಬಾಬിലോನ್ அடிமைತನತೆ ಬಿಟ್ಟು ജെറുಸಲೇಂಕ್ಕೆ ಬಂದாங்க ಅವಡೆ ದೇವം അവിടെ ഇзра രണ്ടാം പുസ്തಕത്തിൽ 42360 പേര് ಅವട് നിന്ന് ಬಾಬിലോನിൽ നിന്ന് അടിಮತ್ತಲಿಂದ ಹೊರത്തേకి ವರುನು ಎಂದು ಅವಡೆ ಕುರಿಚು വെച്ചിരിക്കുന്നു ವಾಟ್ ಅಬೌಟ್ ದಿ ರಿಮೈನಿಂಗ್ ಪೀಪಲ್ ബാക്കി ഉള്ളವರದ ಗarium എന്തായി ഒരു ಕಾಲಕಟ್ಟದಲ್ಲಿ ಅವರಿಗೆ ಒಂದು ಸಂದ ಇந்துச்சு ಅವರಿಗೆ ി ലഭത്തിൽ അവരുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു അങ്താണ് ബാബിലോണുട ആറ്റം കരകളിൽ ഉക്കാർന്ന് അന്ത അളരിച്ചെടികൾ മത്തിൽ ദേവനെ നോക്കി അഴുതവുകൾ കൊഞ്ചം പേരുണ്ട് അവിടെ അന്ന് ബാബിലോണിന്റെ തീരത്തിരുന്ന് അവിടെ വിലാപം കഴിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു അയ്യോമേ ീക്കരിയാക്കപ്പെട്ടവളെ ആദ്യകാലങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ നശിച്ചു പോയല്ലോ എന്നുള്ള ഒരു കരച്ചിൽ അവർക്ക് ഉണ്ടായിരുന്നു ജെരുസലേം ആലയുന്നു മൂന്ന് വർഷം നാലു വർഷം അഞ്ചു വർഷം പത്ത് വർഷം വരെ അവർക്ക് യൂദയിലേക്ക് എരുസലേമിലേക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഞങ്ങൾ തിരികെ പോകണം എന്നുള്ള ഭാരം അവർക്കുണ്ടായിരുന്നു എന്നാൽ ക്രമേണ എന്ത് സംഭവിച്ചു അന്യജാതികളോട് ഇടകലർന്നത് പോലെ അവർ ബാബിലോണിൽ അന്യജാതികളുമായി ഇടകലർന്ന് ഇടകലർന്ന് അവരുടെ താല്പര്യം അവർക്ക് നഷ്ടപ്പെട്ടു ദൈവത്തോടുള്ള അവരുടെ ഭക്തി ആലയത്തിന്മേലാണ് ആലയത്തോടുള്ള അവരുടെ ഭക്തി അത് ആലയം ഇടിക്കപ്പെട്ടതെല്ലാം ഇടിക്കപ്പെട്ട ആലയം അത് പുതുക്കി പണിയണം എന്നുള്ള അവരുടെ ഹൃദയത്തിലെ എരിവും ആഗ്രഹവും എല്ലാം കൊണ്ടു കൊഞ്ചമാണിച്ച് എല്ലാം അത് തണുത്തു പോയി ഒരു സന്തതിയും പോയിച്ചു ഒരു തലമുറ കഴിഞ്ഞു പോയി പേരന്റ്സ് എപ്പം മാതാപിതാക്കൾ എങ്ങനെയാണ് ആയിരിക്കേണ്ടത് കൊണ്ടുപോവായിരുന്നപ്പോഴാണ് പോയത് അവരുടെ അവരുടെ തലമുറയോട് സന്തതികളോട് അവർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ാണ് യോവയായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം തിരിയണം ഇവിടെ നീ തങ്ങരുത് ഞങ്ങൾ മരിച്ചാലും ും അവരുടെ ബലത്ത് തിങ്കാതെ പിടിക്കുക അന്യജാതികൾ തങ്ങളുടെ ബലത്തെ തിന്നുകളെ അവർ തങ്ങളെ തന്നെ സൂക്ഷിച്ചു പീപ്പിൾ देवा, देवा, विरुणा विरुणा विरुणा विरुणा विरुणा। ോ അവർക്ക് അതിൽ ഉള്ളൊന്നും അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എല്ലാത്തിന്റെ ബലം മുഴുവൻ തിന്നുകളും ജാഗ്രതയുള്ളവരായിരിക്കണം ഉളകത്തിൽ പോകുമ്പോഴും ഈ ലോകത്തിലെ ജാതികളോടും ജനങ്ങളോടും നാം ഇടകളരുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം അതേപോലെതാണ് അതുപോലെയാണ് ഇസ്രായേൽ മക്കൾ വനാന്തരത്തിൽ ആയിരുന്ന നാൽപ്പത് വർഷങ്ങളും അവരുടെ ബലത്തെ അവരുടെ വിശ്വാസത്തെ അന്യ ജനങ്ങൾ സാപ്പിട ആരംഭിച്ച അവരുടെ ബലത്തെ അവരുടെ വിശ്വാസത്തെ അന്യജാതികൾ തിന്നുകളഞ്ഞു സാത്താണോടെ മികപേരി തന്ത്രം എന്നാൽ വലിയ തന്ത്രം എന്താണ് ഞാൻ പറയട്ടെ എഹിപ്തത്തിലെ വിജിപ്റ്റിന്റെ അടിമത്തേക്കുക ആ ആളുകൾ പുറത്തേക്ക് പോയത് ആണാലും ഓങ്കിയ ബയത്തിനാൽ ഇസ്രേൽ ജനങ്ങളെ എഹിപ്ത അടിമത്തനത്തിലേറ്റ ദൈവം തന്റെ ബലത്തെ വെളിപ്പെടുത്തിയാണ് ഇസ്രായേൽ മക്കളെ അവിടെ ഫറോന്റെ അടിമത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നത് വളരെ ആവശ്യമാണ് തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് ദൈവത്തിൽ നാം വായിക്കുന്നു ഈജിപ്തിൽ നിന്ന് ജനങ്ങൾ പുറത്തു വന്നു പോയി വെളിയിൽ വന്ന പുരുഷർ മറ്റും ആറ് ലക്ഷം പേര് അവിടെ പുറത്തു വന്ന പുരുഷന്മാർ ആറ് ലക്ഷം പേർ അവരുടെ അവരുടെ കുടുംബങ്ങൾക്ക് വാക്തത്വം ദേശത്ത് കനാലിൽ അവര് ചെന്ന് എത്തരുത് അതായിരുന്നു പിശാജിന്റെ തന്ത്രം വനാന്തരത്തിൽ തന്നെ ഇവര് നശിച്ചു പോകണം അതിന് നിമിത്തമായി അതിനുവേണ്ടി അവൻ യാത്ര ഉള്ള അനുമതി പിശാജ് ആരെയാണ് അകത്ത് കടത്തിവിട്ടത് പലവിധമായ അവരുടെ അവരുടെ മധ്യത്തിലേക്ക് കടത്തിവിട്ടു ഇസ്രായേൽ മക്കൾ മാത്രമല്ല പുറത്തേക്ക് വന്നത് അവിടെയുള്ള സങ്കരജാതികൾ പുറത്തു വന്ന പുസ്തകത്തിൽ അത് അതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും ഞങ്ങൾ മിശ്രൈമിൽ വെച്ച് വില മത്സ്യം വെള്ളരിങ്ങിയ സമ്മിശ്ര ഓക്കെ ആ അത് അണ്ണിയ ജാതി ജനങ്ങൾ അവർ മികുന്ന ഇച്ഛ ഉള്ളവരുളാണ് ആകൾ അവർ ആ സമ്മിശ്ര ജാതിയെ അവിടെ പറയുന്നത് അവർ വളരെ ദുരാഗ്രഹികളായി ഇറച്ചി ആര് തരും എന്ന് ചോദിച്ചത് ഇസ്രായേൽ ജനങ്ങൾക്ക് മുതലേ അവങ്ങ് സ്റ്റാർട്ട് പണല അതെ മെർമറിങ് കംപ്ലൈനിങ് ഇതെല്ലാം അവങ്ങ് ആരംഭിച്ചതല്ല ഇസ്രായേൽ മക്കളല്ല ഈ പെരുപറുപ്പും ഒക്കെ തുടങ്ങിയത് ജാതിയാണ് അവനെ ഉള്ളവരാണ് ഈ സമ്മിശ്ര ജാതിയുടെ ഈ കാര്യം പെരുമാറ്റം കണ്ട് ഇസ്രായേൽ മക്കളും അവരും ഇപ്രകാരം ായി മാറി വഴി വകുത്തവട്ടെ ഉണ്ടാക്കിയതും അവിടെ ആരംഭമിട്ടതും ഈ സമ്മിശ്ര ജാതി തന്നെയാണ് മുറട്ടാട്ടം അവരുടെ മത്സരങ്ങളായിരുന്നവരും ഈ സമ്മിശ്ര ജാതി ആയിരുന്നു മുറുമുറക്കും അവരുടെ മുറമുറുക്കുകയും പരാതിപ്പെടുകയും ഒക്കെ ചെയ്തതും ഈ ജനം അവർ ഇവരുടെ മധ്യത്തിൽ ചില സമ്മിശ്ര നമുക്ക് അയക്കണം ഇവർ ഇച്ഛള്ളവരുടെ അവർ ദുരാഗ്രഹികളായി ഇവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവർക്കും ദുരാഗ്രഹം അങ്ങനെ പകർന്നു കൊടുക്കും അപ്പം നടന്നത് അങ്ങനെ തന്നെയാണ് യോഷുവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഇപ്രകാരം ദ്രാഖികളായി മാറി എല്ലാവരുമേ വഴിയിലെ വനാന്തരത്തിലെന്താ അങ്ങനെയുള്ള ബാക്കി എല്ലാവരും തന്നെ ആ വനാന്തരത്തിൽ പട്ടുപോയി നമുക്ക് ദൃഷ്ടാന്തമായിരിക്കരുത് പ്രിയമുള്ളവരെ ഇതെല്ലാം നമുക്ക് ഒരു ഉദാഹരണമായി മാതൃകയായിട്ട് എഴുതിയിരിക്കും എപ്പോഴാം ഇബ്രാഹിം അന്യ ജനങ്ങളോട് കൂടെ കളക്കുമ്പോൾ എപ്പോഴൊക്കെ എബ്രഹീം അന്യജാതികളോട് ഇടകലർന്നു അവരുടെ ബലത്തെ അവർ തിൻപാറുകൾ അപ്പോഴൊക്കെ അവന്റെ ബലത്തെ അവർ തിന്നുക അവർ അവനോ അത് അറിയാമോ എന്നാൽ അവനോ അത് അറിയാതെ ഈ കാര്യങ്ങളെ കുറിച്ച് നാം ശ്രദ്ധയോടെ നാം ആയിരിക്കണം പോലെ ദിനമോ ശത്രു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കാലഘട്ടത്തിൽ എന്ന ഈ കാലഘട്ടത്തിലും ശത്രു എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭയിലെയും അന്യ ജനങ്ങളെ ഉള്ളാൽ കൊണ്ടുവര സഭയിലും ഇപ്രകാരമുള്ള സമ്മിശ്ര ജാതിയെ സഭയ്ക്ക് അകത്ത് പ്രവേശിപ്പിക്കുവാനായിട്ട് കഴിയും കൊണ്ടുവരമോ ഉളകത്തിലോ സിസ്റ്റം ഉടവർ കൊണ്ടുവര മു ഈ ലോകത്തിൽ എനിക്ക് വലിയ ലോകത്തിന്റെ അംഗീകാരം ലോകത്തിന്റെ മാന്യത അതിന്റെ പുറകെ പോകുന്ന ആളുകളെ അവരെ സഭയിലേക്ക് കൊണ്ടുവരും ഫാഷൻസിന്റെ ഒക്കെ പുറകെ പോകുന്ന ആളുകളെ അവരെ സഭയിലേക്ക് കൊണ്ടുവരും ഉലകത്തുക്കാൻ പോരാടുക ലോകത്തിന് വേണ്ടി ഈ പോരാട്ടം അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്ന ആളുകളെ അവരെയും സഭയിലേക്ക് കൊണ്ടുവരും ഇപ്പെട്ടുംങ്ങനെയുള്ള ആളുകളെ ഈ അകത്തേക്ക് കൊണ്ടുവരും അവർ മുടിയും അവർ വന്ന് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇത് ഇത് ഉദാഹരണത്തിന് ാണ് ഒരു ഇവാഞ്ചലിസ്റ്റ് ഡിസൈൻ തരില്ല ഒരു ഡിസൈൻ തരില്ല ഫിലിപ്പ് എന്ന ആ ഒരു ഇവാഞ്ചലിസ്റ്റ് മെജീഷ്യനെ അവന് ഒരു നാളേക്ക് ജീസസ് ക്രിസ്തു കേൾവിട്ടു അവൻ മന ഒരു ദിവസം അവൻ യേശുക്രിസ്തുവിനെ കേൾക്കുകയും മനസ്സാന്തരപ്പെടുകയും ചെയ്തു സ്നാനപ്പെടുകയും ചെയ്തു കൂടിയതാണ് ഡിസേൺമെന്റ് ഫിലിപ്പ് പത്രോസിനുണ്ടായിരുന്ന ആ ഒരു വിവേചനം ഫിലിപ്പിന് ഇല്ലായിരുന്നു അവൻ സരിയാണോ അദ്ദേഹത്തിന് യഥാർത്ഥത്തിലുള്ള മാനസാധനം ഇല്ല എന്ന് പത്രോസ് കണ്ടു അവനക്ക് ഇന്ന വേണെന്ന് ഹോണർ ഇതെല്ലാം അവനക്ക് ഇപ്പോഴും രക്ഷിക്കപ്പെട്ട ശേഷവും അദ്ദേഹത്തെ സംബന്ധിച്ചോളം ലോകത്തിലുള്ള സ്ഥാനം ലോകത്തിലുള്ള മാന്യത ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ാണ് ഫിലിസൈൻ ഫിലിപ്പിന് യഥാർത്ഥത്തിൽ അവനെ വിവേചിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്താ ഫിലിപ്പോടെ പോയിട്ടായിരുന്ന സ്നാനം ഒക്കെ എടുത്ത ശേഷം ഫിലിപ്പ് പോകുന്ന പത്രതിനു ശേഷമാണ് ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം അത് അതിനെ എക്സ്പോസ് ചെയ്തു അതിനെ പുറത്തു കൊണ്ടുവന്നു ആ പ്രിയമാണെ മുതൽ പക്ക വഴി ഏറു കുതിച്ച അണ്ണി ജനങ്ങൾ ഉള്ള പ്രിയമുള്ളവരെ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇപ്രകാരം ഇടുക്കു പ്രവേശിക്കാതെ മറ്റ് സൈഡ് വഴിയിലൂടെ അകത്ത് കയറിയ ആളുകൾ ഉണ്ടായിരുന്നു അപ്പോസ് നടപടി അപ്പോസ് അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നു അപ്പോസ് നടപടികൾ അപ്പോ ചില പ്രത്യേക അഞ്ചാം അധ്യായം നമുക്ക് സഭകളിൽ പതിമൂന്നും ഈ രണ്ട് വാക്യങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം ഏനാൽ ആദ്യ തിരിച്ചഭയിലും അഗ്നി ആദ്യ സഭയിൽ ഒരു അഗ്നി ഉണ്ടായിരുന്നു പരിശുദ്ധാവിയുടെ വല്ലമയം ഇരുന്നത് അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും ഉണ്ടായിരുന്നു സഭയിലെ മായ്മലം കടി എല്ലാ തരത്തിലുള്ള കാപട്ടിയവും അവർ അതിനെ എതിർത്ത് സംസാരിച്ചിരുന്നു സഫീറായും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ട് നാം വായിക്കും വല്ലാ അവരുടെ സേ തുണിയില്ല ആരും അവരോട് ചേരുവാൻ തുണിഞ്ഞില്ല എന്ന് നാം വായിക്കും നല്ല ശക്തിരിക്കേണ്ട ഞാൻ ഈ ഒരു വാക്യത്തിനായിട്ട് ദൈവത്തിന് മഹത്വം കരുതേറ്റ മികുന്ത ഇച്ഛ ഉള്ളവരുള്ള കൂടിയതാണ് അന്ന് അണ്ണിയ ജാതികൾ ഉള്ളെ വര കൂടാതെ അപ്രകാരം ഈ ലോകത്തിൽ വലിയവരാക്കണം ആഗ്രഹിക്കുന്ന ആ വലിയ ആഗ്രഹം വെച്ച് പുലർത്തുന്ന ആളുകൾ അവരെ സഭയിലേക്ക് വരാനായിട്ട് പാടില്ല എന്നെ അക്കിനി ഇരിക്കെങ്കേ അഗ്നിണ്ട് അഗ്നി സഭയിലുള്ളതിനാൽ കൂടുതലും ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ എനിക്ക് ഇരിക്കുവാൻ കഴിയില്ല അവിടെ ഇരുന്നാലും അവർക്ക് നടുക്കം പിടിക്കണം അവർക്ക് അങ്ങനെ അവിടെ ആ സഭയിൽ ഇരുന്നാലും അവർക്ക് പേടി ഉണ്ടാകണം അഗ്നി അഗ്നി ദാപരിക്കുന്നതാണ് സ്ഥലം അവർക്ക് പെട്ടെന്ന് അത് മണക്കണം ഇടത്തിൽ ഇവിടെ എനിക്ക് അങ്ങനെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുവാൻ കഴിയുകയും ഫാഷന്റെ പുറകെയുള്ള ആ പൂക്കിലോട് ചേർന്ന് എനിക്ക് തുടരുവാൻ കഴിയും ലോകത്തിലെ സൗഹൃദ ബന്ധം അത് തുടർന്നുകൊണ്ട് എനിക്ക് സഭയിൽ ഇരിക്കുവാൻ കഴിയുകയില്ല ഇത് എനിക്ക് പറ്റിയത് അവർ അങ്ങനെയുള്ള ഒരു മൂന്നാം എനിക്ക് സമ്മിശ്ര ജാതികൾ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അവര് ഒരു കുഴപ്പവും ഇല്ലാത്തവരെ പോലെ ഇവിടെ തുടരുവാൻ പാടില്ല ആദായം അവര് ആ രീതിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഇവിടെ ദശാംശമൊന്നും ആരും ചോദിക്കുന്നില്ലല്ലോ ആ ഇവിടെ വന്നാ പിന്നെ നല്ല സന്തോഷത്തോടെ ബുദ്ധിമുട്ടില്ലാതെ ഓഫറിംഗ് ബാഗ് ഒന്നും ആരും ആരും ഒന്നും പറയുന്നില്ല അപ്പൊ ഇവിടെ വന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല അത് ഇരിക്കാമല്ലോ ഇങ്ങോട്ടേക്ക് ഡൗരി സിസ്റ്റം കിടയാ ഇവിടെ ആരും ഈ സ്ത്രീധന സമ്പ്രദായം ഇവിടെ ഇല്ല എന്ന പയ്യനുക്ക് നല്ല പൊണ്ണു കിടക്കും പൊണ്ണുക്ക് നല്ല മാപ്പിള കിടക്കും അപ്പം ഇഴിവാനെ തേടി ആറ് ചർച്ചിലെ ഇവിടെ എന്റെ മകന് നല്ല പെണ്ണിനെ കിട്ടും നല്ല എന്റെ പെണ്ണിന് നല്ല പയ്യനെ കിട്ടും എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് ഇവിടെ ആരും വന്നിരിക്കുവാൻ പാടില്ല ും ദൈവത്തിന്റെ അഗ്നിള്ളവരെ അവരുടെ കാര്യം ദൈവത്തിന്റെ അഗ്നി നോക്കിക്കൊള്ളും അടുത്ത പതിനാല് അവസാനത്തിൽ മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുണിഞ്ഞില്ല എന്നാൽ പ്രധാന പുരുഷം സ്ത്രീകളും വിശ്വാസം ഉള്ളവരായി കത്തിരിടിക ും സ്ത്രീകളും നാം വായിക്കുന്നു ഈ വാക്യത്തിനും നാം ആമീൻ ഈ അഗ്നി എന്നെ എന്നെ ദഹിപ്പിക്കട്ടെ അഗ്നിട്ടോ എന്റെ മൂല്യബോധത്തെ ഈ അഗ്നി പക്ഷിക്കട്ടെ സഭയിൽ ആ അഗ്നി ഉണ്ട് അഗ്നി എന്നെ പക്ഷിക്കട്ടും ഈ അഗ്നി എന്നെ ദഹിപ്പിക്കട്ടെ അപകട അങ്ങനെ പറയുന്നവർ വരുമ്പോൾ അതിനുവേണ്ടി തങ്ങളെ തന്നെ അപ്രകാരമുള്ള ചിന്തയോടുകൂടിയാണ് നാം അകത്ത് ആയിരിക്കണം ചർച്ച നമ്മുടെ സഭകളെല്ലാം അങ്ങനെയുള്ള സഭകളായിരിക്കണം അന്യ ജനങ്ങൾക്ക് സമ്മിശ്ര ജാതികൾക്ക് ഇവിടെ ഇടമില്ല അവരെ നാം ആവിയാണോ അവർ പരിശുദ്ധാത്മാവ് അവരുടെ കാര്യം നോക്കിക്കോളും 800 ഇണ്ട് വിഷയതനാണ്それ වරම්ブレー മറ്റു രണ്ട് കാര്യങ്ങളെ കൂട ഞാൻ പറയട്ടെ നാം ലോകത്തോടു കൂടി നാം സ്നേഹധമായിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തോടുള്ള സൗഹൃദ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യോഹാൻ എഴുദിനേ സുവിശേഷം 19 ആം അദ്ധिकாரம் യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 ആം അദ്ധായം പിലാത്തുകിട്ടെ ഇതുമായി യൂദർകൾ சொல்றாங்க പിലാത്തോസിനോട് യഹൂദന്മാർ ഇപ്രകാരം പറയുന്നു യോഹാൻ എഴുദിനേ സുവിശേഷം 19 ആം അദ്ധिकாரம் യോഹന്നാൻ 19 ശ്രമിച്ചതായിട്ട് നാം കാണുന്നു പന്ത്രണ്ടാസനത്തിൽ വാസിക്കണം പന്ത്രണ്ടാം വാക്യത്തിൽ അവനെ നോക്കി സ്നേഹിതനല്ല പ്രിയമാണെ രണ്ടായിരം വർഷങ്ങളായി വാർത്ത നമുക്ക് പ്രിയമുള്ളവരെ രണ്ടായിരം വർഷങ്ങളായി ഈ വാക് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ലോകം ലോകം പാത്തു ചൊല്ലുത് പൈലറ്റ് கிட்ட শুনেച് ലോകത്താർ சொன்னாங்க ഈ ലോകം പിലാത്തോസിനെ നോക്കി പിലാത്തോസിനോട് പറയുകയാണ് നീ യേശുവിൻ பக்கம் നിർക്ക விரும்பினാൽ നീ യേശുവിന്റെ പക്ഷത്തെ ചേർന്ന നിൽക്കുകയാണ് അങ്ങിൽ നീ ഈ ലോകത്തുക വിരോധി അങ്ങനെയെങ്കിൽ നീ ലോകത്തിന്റെ ശത്രുവാണ് ഈ ലോകത്തുക നീ സ്നേഹിതനല്ല നീ ലോകത്തിന്റെ സ്നേഹിതനല്ല இந்த വാക്ക് அப்படியே നമുക്ക് വരണം പേ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് അതുപോലെ കടന്നുവരണം നാം ഈ ലോകത്തുക നാം യേശുവിൻ பக்கம் നാം നിർക്ക விரும்பുന്നനാ ോട് ചേർന്ന് ഈ ലോകത്തിനെ ഞാൻ എത്ര പേരുടെ വിരോധത്തെ ആണ് നമുക്ക് ഈ രീതിയിൽ ഉണ്ടായിട്ടുള്ളത് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ചത് അല്ലെത്തി വിശ്വാസത്തിൻപാൽ നാൽപ്പിൽ ഈ ദൈവ വിശ്വാസത്തിന്റെ വേണ്ടി നിന്നത് നാം എവളുടെ വ്രോധത്തെ നാം പകിച്ച് നമ്മ എത്ര പേര് നമുക്ക് എതിരായി മാറി ഉലകം അതിനുടേ കീകൾ പൊല്ലാതെ നാം സാക്ഷി കൊടുക്കുന്ന ഉലകം എന്നെ പകർച്ച ലോകവും ലോകത്തിന്റെ ക്രിയകളും പ്രവൃത്തികളും അത് ശരിയല്ല എന്ന് ഞാൻ സാക്ഷിക്കുന്നത് കൊണ്ട് ലോകം എന്നെ പകയ്ക്കും യേശുക്രിസ്തു പറഞ്ഞു എക്സാമ്പിൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ നമ്മുടെ റിലേറ്റീവ്സ് ആകട്ടോ നമ്മുടെ ബന്ധുക്കളാകട്ടെ നമ്മുടെ വേലസ്ഥലമാകട്ടോ നമ്മുടെ ജോലി സ്ഥലമാകട്ടെ എപ്പോഴും പക്ക നാ നിക്കുമ്പേ ഞാൻ യേശുവിനോട് ചേർന്ന് ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഈ വാക്യം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചേനത്തെ ഞാൻ വിശ്വാസിക്കുന്നു ചേർന്ന് അങ്ങനെ പറയുന്ന എല്ലാവരും തന്നെ ലോകത്തിന് ശത്രുവായി മാറും ഉദാഹാരണത്തിന് ചിലർ ഇങ്ങനെ ഇവിടെ ഉണ്ടാവും തമിഴ്നാട്ടിലെ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞാൽ അത് റോമൻ കത്തോലിക്കാർ ചർച്ച് എന്നാൽ ഇവിടെ കേരളത്തിൽ വന്നപ്പോ മറ്റു പല ഇന്നോ ഓർത്തഡോക്സ് ചർച്ച് ഇന്ന ഓർത്തഡോക്സ് ചർച്ച് അങ്ങനെ പല ഓർത്തഡോക്സ് സഭകളും ഞാനിവിടെ കണ്ടു കേരളത്തിൽ നമ്മുടെ ഇതിനു മുമ്പുള്ള നമ്മുടെ പങ്ക് നാം ആയിരുന്നതൊക്കെ ഈ ഓർത്തഡോക്സ് സഭയിലായിരുന്നു ും ഫോർ കാത്തോലിക്ലേ ഉണത്തിന് റോമൻ കാത്തോലിക് സഭയിൽ അവിടെ ആദ്യ കുറപ്പാന ആദ്യ കുർബാന എന്ന ചടങ്ങ് ഓക്കേ ബാപ്റ്റിസം അവരുടെ മാമോദീസ എട്ടാവസ് എട്ടാവസ് നാളിക ബാപ്റ്റിസം കുളമ്പേരം എട്ടാവസ് നാൾ ബാപ്റ്റിസം കുഞ്ഞ് ജനിച്ച് എട്ടാമത്തെ ദിവസം മാമോദീസ ഓക്കേ അണ്ട് റിലേഷൻസ് ബന്ധുക്കളെല്ലാം നാം യേശുവിൻ பக்கம் നാം നിൽക്ക விரும்பினാൽ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അനുസരിച്ച് നാം നിൽക്കാനായിട്ട് ശ്രമിച്ചാൽ നാം ഈ ലോകത്തിന്റെ പ്രവൃത്തി അത് തെറ്റാണ് എന്ന് നാം സാക്ഷിച്ചാൽ നാം സാക്ഷി കൊടുക്കണോ നാം അങ്ങനെ എന്റെ ഭാര്യയുടെ ഭാര്യയുടെ ആളുകളൊക്കെ റോമൻ കാത്തോലിക്ക വിഭാഗത്തിൽ നിന്നാണ് ിലൊക്കെ ബന്ധുക്കളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുവായിരുന്നു ഇപ്പൊ ആരും വരാറില്ല പത്രിക എടുത്തിട്ട് അവർ വരും ആദ്യ കുർബാനിസം എടുക്കണം അവിടെ മാമോദിസ എടുക്കുന്നു എട്ടാം നാൾ മാമോദിസ മൊട്ടയടിക്കും കാതു കുത്തും അതിനൊക്കെ ക്ഷണക്കത്തുമായിട്ട് വരും എന്താണ് പറയുക നമ്മൾ എന്താ ചെയ്യുക േറ്റ് വാർത്തയെങ്കിൽ ഞങ്ങൾ പാരമ്പര്യത്തെ ഞങ്ങൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ആഘോഷിക്കുന്നത് എനിക്ക് ബിരിയാണി പോയവരുടെ ദൈവത്തിന്റെ വചനത്തെ മറുതലിക്കുന്നതിനുള്ള ബിരിയാണിയാണത് ീട്ടുവി പോയത്തെ നിലനിർത്തുന്നതിനായിട്ടുള്ള പ്രിയാണി വാങ്ങും വരണം പക്ഷിക്കണം ആയിരം വൈകീ നിങ്ങൾ എവിടെ മാത്രമല്ല ആയിരമോ അഞ്ഞൂറ് സംഭാവനയും തരണം ഞങ്ങളോട് കലന്നു ഞങ്ങളോട് ചേർന്ന് എവളാ എനിക്ക് അറിയില്ല എത്ര പേരാണ് രഹസ്യമായി അവർക്ക് ദൈവത്തെ പ്രസാദപ്പെടുത്തുവാനുള്ള താല്പര്യമില്ല ഇവിടെ എന്റെ വേദപുസ്തകത്തിലെ വിശ്വാസമാണോ ഞാൻ പിൻപറ്റുന്നത് അതോ ഈ ഓർത്തഡോക്സ് കത്തോലിക്കാ വിശ്വാസമാണോ ഞാൻ ഉടനെ പറയും എന്റെ ഈ ഫംഗ്ഷന് നിങ്ങൾ വന്നില്ല എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നീ വരാൻ പാടില്ല യാതൊരു ബന്ധവും ഉണ്ടാവുകയല്ലോ സോഷ്യൽ ഫംഗ്ഷൻ വരേ വേറെ എന്തെങ്കിലും സാമൂഹികമായ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിന് വരാം വീട് നിങ്ങളുടെ വീടിന് വീടുണ്ടാക്കി പുതിയ വീട് വരാം ഒരു വിവാഹമാണോ വിവാഹത്തിന് വരാം ഇതേമാരിയങ്ങൾ എങ്കിൽ ഇടം കൊടുക്കില്ല എന്നാൽ ദൈവ വിപരീതമായി നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാര്യത്തിന് ഞാൻ വരില്ല െ ചിലേക്ക് പണ്ടാ ഇവിടെ സഭയിൽ വന്നിട്ട് അവരെ അപ്പം മുറിക്കും അങ്ങനെ പോയി ആദ്യ കുർബാനയിൽ പോയി ബിരിയാണി കഴിച്ചിട്ട് വരും അവിടെ അത് അറിയായ്മയോടെ എനിക്ക് അത് അറിയില്ല അത് തെറ്റാണെന്നുള്ള ബോധ്യമില്ലാതെ ചെയ്താണെങ്കിൽ ദൈവം ക്ഷമിക്കും എന്നാൽ നിങ്ങൾ അത് ഹസ്യമായിട്ട് അതാരും അറിയാതെ പോയി അതിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അത് പാപമാണ് ഓർപ്പിക്കട്ടെ ബന്ധുക്കളോടുള്ള സൗഹൃദം സമ്മിശ്ര ജാതികളോടുള്ള കലർപ്പ് ദേവനു എരിച്ചു മുട്ടുകൾ അവര് ദൈവത്തെ ദൈവത്തിന് കോപം ജലിപ്പിക്കുന്നവരാണ് അവിടെ നിങ്ങൾ കർത്താവിനേക്കാൾ എപ്പിടക്കലും അത്താഴത്തിലും പിശാജിന്റെ അത്താഴത്തിലും രണ്ടിലും നിങ്ങൾ പങ്കെടുക്കും ഇപ്പൊ ടു ടേക് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നാം ഒരു നിലപാട് എടുക്കേണ്ടവരാണ് അന്യ ജനങ്ങളോട് കൂടനാണ് കളക്കുന്നത് നമുക്ക് ഇങ്ങനെ അന്യ ജാതികളോട് സമിശ്ര ജാതികളോട് ചേർന്ന് പോകുവാനായിട്ട് ശ്രദ്ധിക്കുക ചിലയിടങ്ങളിൽ അവിടെ പാർട്ടിക്ക് അത്താഴത്തിനൊക്കെ നമ്മളെ വിളിക്കും ഫ്രണ്ട്സാ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ അതായത് നമ്മുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കാം ജോലി സ്ഥലത്തായിരിക്കാം സർക്കിൾസ് എന്ന സുഹൃത്തുക്കൾ അവിടെ അത്താഴത്തിന് അല്ലെങ്കിൽ പുസ്തകം അധികാരത്തിലെ സഖ്യ പുസ്തകം അധ്യായം ഇടത്തൊരു സാറ്റർഡേ സ്കീം ഒന്നും ഇവിടെ ഒരു തന്ത്രം അത് ബിലെയാമോ നീ അവനെ അത്താഴത്തിന് വിളിക്ക് ഇസ്രായേൽ ജനങ്ങൾ വനാന്തരത്തിലെ മണ്ണാത്തേ സാപ്പുണ്ട് ഇസ്രായേൽ ജനങ്ങൾ അവിടെ വനാന്തരത്തിൽ മണ്ണ മാത്രമേ കഴിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല പെട്ടെന്ന് മോവാബി ജനങ്ങൾ എന്താ ചെയ്തത് ഫസ്റ്റ് ഡിന്നറിനും ആദ്യം അത്താഴത്തിന് വിളിച്ചു ഡിന്നർക്ക് വാങ്ങൾ ഞാൻ ഒരു വിരുന്നിന് വിളിക്കുന്നു അത്താഴത്തിന് വിളിക്കുന്നു അതിന് വരിക ഇൻവിറ്റേഷൻ അതിനുള്ള ഒരു ഈ വനാന്തരത്തിൽ ഈ മഞ്ഞ മാത്രം തിന്നവന് ഈ വിരുന്ന അത്താഴത്തിന് പല പല വിഭവങ്ങളുണ്ടാവും വിളിച്ചപ്പം വായും പൊളിച്ചുകൊണ്ട് അതിന്റെ പുറകെ ഓടി അങ്ങനെ പോണ ഇടത്തില് അവിടെ ചെന്ന സ്ഥലത്ത് ചിന്ന ചിന്ന ഒരു ിയവങ്ങൾക്ക് അങ്ങനുള്ള ദൈവങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ അവിടെയുള്ള കൊച്ചു കൊച്ചു ചെറിയ ചെറിയ മോവാബിയ ജനങ്ങളുണ്ട് മോവാബി ജനങ്ങളെ മോവാബിയ വിഗ്രഹങ്ങൾക്ക് തലവണങ്ങി വന്നു രണ്ടാം വാക്യം അവിടെ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു മുതലേ റിയില്ല സാധനങ്ങളൊക്കെ പല പല വിഭവങ്ങളുണ്ട് അതൊക്കെ ഒരു അത്താഴം ഒരുക്കുമ്പോ തന്നെ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അവിടെ ഈ ഭക്ഷണം വിളമ്പെ ഇങ്ങനെ വിളമ്പുന്നത് ഇസ്രയേൽക്കേൽ ആളുകള് ആദ്യം തന്നെ വളരെ വിശപ്പോ നല്ല ഡിന്നർ ഒരു സ്ഥല ഒരു വശത്ത് നല്ല ഭക്ഷണം നല്ല വൈൻ നല്ല വീഞ്ഞ് ഒരു ഗാഡ് ഉണ്ട് എന്റെ അവിടേതാ കൊച്ചു കൊച്ചു ദൈവങ്ങൾ വെച്ചിരിക്കുന്നു ചിന്ന ഒരു ബൗ അതിനെ ഒന്നുമെല്ലാം വണങ്ങണം പക്കത്തിലെ ഇപ്പിപ്പെട്ട സ്ത്രീകൾ വന്ന് ഇവിടെ ഉറച്ചിട്ടിരിക്കുന്നത് പക്ക അടുത്ത് അടുത്ത് വന്ന് വിളമ്പാനെന്ന പേരിൽ ഇങ്ങനെ വന്ന് യുവതികൾ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു അതവരുടെ തീർന്നു ം നാം വായിക്കണം അതിനുശേഷം ഒന്നാമത്തെ വാക്യം നാം തുടങ്ങിയതാ ഇസ്രായേൽ പാർക്കുമ്പോൾ ജനം മൊവാബി സ്ത്രീകളുമായി പരസംഗം തുടങ്ങി അത്തനായി ഇരുപതായിരം ഇരുപതായിരത്തി ായിരത്തിൽ പരം ആളുകൾ നശിച്ചത് ഈ പാപത്തിന് ഇല്ല എന്ന് പറയുവാൻ നാം അറിയണം ഞാൻ വരില്ല ഞാൻ വരില്ല എനിക്ക് ദുരദൃഷ്ടം ഇന്നുള്ള വളരെ ലജ്ജാകരമായ കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ കേരളത്തിൽ എങ്ങനെയാണ് എനിക്ക് അറിയില്ലാണെങ്കിലും എല്ലാം ഇന്ന് എല്ലാ കുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇങ്ങനെ കൈ കോർത്താണ് അവര് നടക്കുന്നത് എല്ലാം സർവസാധാരണ എല്ലാം വളരെ സാധാരണമായിട്ട് അങ്ങനെയാണ് പോകുന്നത് എല്ലാം കൈ കൊടുക്കാണ് എല്ലാം കൈയും കൊടുത്ത് അങ്ങനെ പോകും ടൂ വീലർക്ക പുറകിൽ ആൺകുട്ടിയുടെ സഞ്ചരിക്കും മെഡ്രാസ് ഈസ്റ്റ് കോസ്റ്റ് ഈസിയർ മെഡ്രാസിലുള്ള ഈസ്റ്റ് കോസ്റ്റ് സാറ്റർഡേ സണ്ടേ ശനിക്ക് അവർക്ക് ഐടി അവർഡിൽ വളരെ അധികം പണം എല്ലാവർക്കും സൗഹൃദ ബന്ധങ്ങൾ തന്നെ സണ്ടേ തുമ്പോൾ അവിടെ രണ്ട് നാളെ തങ്ങിയ ശേഷം അവര് ലോകത്തിന്റെ അസുദ്ധം അന്തകാലം ഈ പ്രേമം പ്രണയം എന്നൊക്കെ ഉള്ളത് പഴയ കാലത്തായിരുന്നു എല്ലാം സേർന്ന് കൊഞ്ചനാ ഫ്രീ ആപ്പുറത്ത് ിച്ച് താമസിക്കുക ആ ലെവലിൽ വരെ കാര്യങ്ങൾ എത്തിയിരിക്കും സൗഹൃദ ബന്ധം എനിക്ക് വേണം പോരാടാ ചില പെൺകുട്ടികൾ മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കുന്നു ഇൻഫീരിയ എനിക്ക് ഒരു അപകർഷതാ തോന്നുന്നു ബോയ് ഫ്രണ്ട് ഇല്ലേ എനിക്ക് ഒരു ഫീൽ പേ എനിക്ക് മാതാപിതാക്കൾ പറയുന്നു എന്നാൽ അയ്യോ എനിക്ക് മാത്രം ബോയ്ഫ്രണ്ട് ഇല്ല എല്ലാവർക്കും എല്ലാവർക്കും ഭയങ്കരം അത് വലിയ വളരെ വലിയ നമ്മുടെ ബലത്ത് തിണ്ടോ രാത്രി നേരത്തിലെ ആ രാത്രി സമയത്ത് അവിടെ അവരുടെ ആ കൂട്ടത്തിൽ നിന്നു അവിടെ അവര് തീ കാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കൊഞ്ചനേരം തീ കാഞ്ഞുകൊണ്ട് അവൻ തെറ്റായ ഇടത്ത് നിന്നു ഈ കോടതി പോലീസ് ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അവര് കൈയടിച്ച് സത്യമായിട്ട് പറയുന്നു സത്യമായിട്ട് പറയുന്നു എന്ന് പറയാറുണ്ട് കൊഞ്ചനേരം കുളിർ കായ കുറച്ചുനേരം മാത്രമാണ് അവിടെ അവൻ അവിടെ തണുപ്പ് മാറ്റിക്കൊണ്ട് ആ തീ കാഞ്ഞുകൊണ്ട് നിന്നത് ഉടനെ ഒരു പെൺകുട്ടി ഒരു ജോലിക്കാരി വന്നു ഏയ്ശുവിൻ ശിഷ്യൻ തന്നെ ശിഷ്യൻ അല്ലേ എന്ന് ചോദിച്ചു മുതലേ ഇല്ലെന്ന് അതില്ല എനിക്ക് അറിയില്ല രണ്ടാമത് തറവീർ താക്ക് അപേ രണ്ടാമത് വീണ്ടും നീ അവനെ പോലെ നിന്റെ ശിഷ്യനെന്ന പോലെയാണല്ലോ നിന്നെ കണ്ടിട്ട് തോന്നുന്നത് ആരേനെ എനിക്ക് ആരാണ് അറിയത്തില്ല മറുപടി ഇല്ല അവരോട് ഇരും പറയുന്നു അല്ല അങ്ങനെയല്ല നീ ആയിരുന്നു അന്ത സ്പിരിറ്റ് കോർട്ടിലിരുന്ന സ്പിരിറ്റ് അവിടെ ഉണ്ടായിരുന്ന ആ ആളുകളുടെ അതേ ആത്മാവിനാൽ അവനും പിടിക്കപ്പെട്ടു എന്നാ സത്യമാരിയെ ഉടനെ അത് കഴിഞ്ഞപ്പോ പറഞ്ഞു സത്യമായിട്ട് പറയുന്നു എനിക്ക് അവനെ അറിയില്ല ഇത് എങ്കാത് ഇത് എവിടെന്ന ഇത്ര ഈ ഉറപ്പോടു കൂടെ ആണ ഇട്ട് പറഞ്ഞു മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്നര വർഷം യേശുവിനോടൊപ്പം മൂന്നര വർഷം അവൻ ഉണ്ടായിരുന്നു സത്യം മിണാതിരുങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആണ ഇടരുത് അത് മേളെ വാണത്തിന് മേലെ ആറിന് ആണെ ആണയിടാതിരങ്കൽ ഇത് മേലെ പലതരം മലയപ്രസംഗത്തിലേശു ക്രിസ്തു പല പ്രാവശ്യം പർവ്വത പറഞ്ഞു നിങ്ങൾ സത്യം സത്യം ഇങ്ങനെ സത്യം ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് എന്നാൽ ഇപ്പോ ഈ കോടതിയുടെ യേശുവിനെ ന്യായസ്ഥാനത്തിന് കൊണ്ടുപോകുന്ന ആ ഇടങ്ങളിൽ ആ കുറച്ച് സമയത്തെ സ്വാധീനം ആണയിടുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ എത്രയും വലിയ ഒരു ദൈവ മനുഷ്യനായിരുന്നു ജോസഫ് കോർട്ടിലേ ഇരുന്ന് പർവന്റെ കോടതിയിൽ തന്നെ അവിടെ ആ രാജകൊട്ടാരത്തിൽ തന്നെ താമസിച്ച് താമസിച്ച് ദേവൻ എവളെ ദൈവം എത്ര വലിയവൻ அந்த ജീവനുള്ള ദൈവunkuൻ്റെ മുമ്പാകെ പഴച്ച அந்த ജോസഫ് ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിച്ച ജോസഫ് തൻ്റെ സഹോദരങ്ങളെ பார்த்து சொல்றான் തൻ്റെ സഹോദരന്മാരെ നോക്കി കൊണ്ടവൻ പറയുന്നു פארവോന്റെ പേരിൽ ആണയിട്ട് ജീവനെ കൊണ്ട് ഞാൻ ആണയിട്ട് சொல்கிறேன் എന്ന് சொல்றான் ഫറവോന്റെ പേരിൽ ആണയിട്ട് ഞാൻ പറയുന്നു എന്നാണ് ജോസഫ് പറയുന്നു ഏ പ്രരാധ ഇത് എങ്ങനെയാ ഇങ്ങനെ പറഞ്ഞു ഇത് എന്ന സ്പിരിറ്റ് അPrintln ഇത് എന്താണ് എങ്ങനെയാണ് ഈ ആത്മാവ് വന്നത് פארവോന്റെ കോർട്ട് സ്പിരിറ്റ് അവിടെ ഇത് ഫറോന്റെ കൊട്ടാരത്തിന്റെ ആത്മാവാണ്സ്റ്റൈല് ബിഹേവിയേഴ്സ് എല്ലാം അവർ എപ്പോഴും നാം ആ ഒരു സ്ഥലത്ത് നാം സമയം ചെലവഴിക്കുമ്പോ കുറെ കഴിയുമ്പോൾ നമ്മുടെ ഭാഷ നമ്മുടെ ചിന്ത നമ്മുടെ പെരുമാറ്റം എല്ലാം ഈ ലോകക്കാരെ പോലെ പെരുമാറാൻ തുടങ്ങും ും ഒരിക്കലും ദോഷം ഒരു വശത്ത് ലോകവും ദൈവവും അങ്ങനെ ആയിരിക്കരുത് ുംകൈവ ലോകസ്നേഹം ദൈവത്തിന് വിരോധമായ ശത്രുവമാകും നാം എപ്പോഴും ലോകത്തിൽ നിന്ന് ദൂരം നാം പാലിക്കണം വാൾ ഓഫ് സെപ്പറേഷൻ എപ്പോഴും നമുക്ക് ഒരു വേർപാടിന്റെ മതിൽ ലോകത്തിനും നമുക്കും ഇടയിൽ ഉണ്ടാകണം നാം ഉളകത്താൻ നാം ലോകക്കാരല്ല